നിങ്ങൾ കാണാത്ത വിധം തൂണുകളില്ലാതെ ആകാശങ്ങളെ ഉയർത്തിയത് അള്ളാഹുസുബാനഹുവചാല ആണ് പിന്നീട് അവൻ സിംഹാസനത്തിന്മേൽ സ്ഥാപിതനായി സൂര്യനെയും ചന്ദ്രനെയും അവൻ കീഴ്പ്പെടുത്തി അവ ഓരോന്നും നിശ്ചിത കാലയളവിലേക്ക് സഞ്ചരിക്കുന്നു അവൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു നിങ്ങളുടെ രക്ഷിതാവിംഗലേക്കുള്ള കൂടിക്കാഴ്ചയിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കേണ്ടതിന് അവൻ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിക്കുന്നു